Baha Malinda, O Sanabhava. Vedatukta Mbhodi, Asmat Pardesya, Atma Vishayasya, Samichinat, Dvisadhi, Vira'mano, Nyaadattva, Nashprayo, Yenat, Vajtsa, Anayatnya, Sasyad. Asmat Pardesya, Atma Vishayasya. Atma Vishayasya, Atma Vishayasya, Atma Amina Vishayamakunna, Asmat Pardesya. െന്ന ബോധം ഞാനെന്ന ബോധം ആത്മാവിനെ വിഷയമാക്കുന്നതാണ് അത് സമീചനത്തെയോ അത് പ്രമേയാണെങ്കിൽ എന്നുവെച്ചാൽ അഹം എന്നീ അറിയുന്നതിലൂടെ ആത്മാവിനെയാണ് അറിയുന്നതെങ്കിൽ എന്നർത്ഥം യഥാർത്ഥമായിട്ട് അതീ ബ്രഹ്മണോ ഞാതത്വം ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞു ഇനി ശാസ്ത്രത്തിന്റെ ഉപദേശത്തിന്റെ ഒന്നും ആവശ്യമില്ല അഹം എന്നിങ്ങനെ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മണോ ഞാതത്വ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞു നിഷ്പ്രയോജന അറിഞ്ഞിട്ട് വേറെ പ്രയോജനമൊന്നുമില്ല കാരണം അഹം എന്ന് ഒരാൾ അറിയുന്നു ബ്രഹ്മത്തെ അറിയുന്നു അറിഞ്ഞിട്ട് അയാൾ പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല അയാളുടെ സുതൃക്കങ്ങൾക്കൊന്നും മാറ്റമില്ല സംസാരത്തിന് മാറ്റമില്ല എല്ലാം പഴയതുപോലെ തന്നെ പ്രയോജനവും ഇല്ല അതുകൊണ്ട് ജിജ്ഞാസാസ് അങ്ങനെയാണെങ്കിൽ ്രഹ്മത്തെ അറിയുന്നതിനുള്ള ഇച്ഛാർക്കും ഉണ്ടാകത്തില്ല എങ്ങനെയാണെങ്കിൽ അഹം എന്നുള്ള ബോധത്തിലൂടെ ബ്രഹ്മത്തെ അറിഞ്ഞുവെങ്കിൽ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല അറിഞ്ഞുകഴിഞ്ഞുകൊണ്ട് ഇനി അറിയാനുള്ള ആഗ്രഹവും ഉണ്ടാകത്തില്ല കാരണം ഇനി അടുത്ത് പറയാൻ പോകുന്ന എന്താണ് അതാതോ ബ്രഹ്മജിജ്ഞാസോ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല എന്നർത്ഥം തഥ ഭാവേച്ച ബ്രഹ്മജ്ഞനായ പഠ്യേരൻ പറഞ്ഞാൽ വേദാന്താരും പഠിക്കത്തില്ല എന്ന് വെച്ചാൽ ബ്രഹ്മവിചാരം ചെയ്യത്തില്ല ഒന്നും ആരും അധ്യയനം ചെയ്യത്തില്ല ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ഉപനിഷത്ത് അധ്യയനം ചെയ്യുന്നതിനു വേണ്ടിട്ടാണ് ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിട്ടാണ് ബ്രഹ്മത്തെ അറിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല അപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ എന്നുള്ള അനുഭവത്തിലൂടെ ബ്രഹ്മത്തെ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ എന്നുള്ള അനുഭവത്തിലൂടെ ബ്രഹ്മത്തെ അറിയണെങ്കിൽ ഇനി അറിയാനൊന്നുമില്ല പിന്നെ ഇനി അറിയണ്ട ആവശ്യമില്ല ഇനി പോകേണ്ട കാര്യം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ബ്രഹ്മജിജ്ഞാസയുടെ പിന്നെ ഇനി അങ്ങനെ അറിഞ്ഞാലും പ്രയോജനമൊന്നുമില്ല എന്തുകൊണ്ട് ഞാനൊന്നും ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് അയാൾ യാതൊരു ഗുണവും ഇല്ല അഭിത്വവും അവിവക്ഷിതാർത്ഥ ജവ മാത്രേ ഉപയോഗിച്ചു തരും അത് മാത്രമല്ല ഉപനിഷത്തുകളെല്ലാം അതിന് അവിവക്ഷിതാർത്ഥ വിവക്ഷിതമായ അർത്ഥമില്ലാത്തതായിത്തീരും അതായത് സച്ചിദാനന്ദം ബ്രഹ്മം എന്നുള്ള അർത്ഥം അതാണ് വിവക്ഷിതമായ അർത്ഥം അതില്ലാത്തതായിട്ട് ഒരു എന്ത് ഉപനിഷത്തുകൾ അവിടെ സത്യാനന്ദമായ ബ്രഹ്മം ആണ് അതിന്റെ വിവക്ഷിതമായ അത് വെളിപ്പെടുത്താൻ വെളിപ്പെടുത്തുക എന്ന താല്പര്യം അതാണ് അതില്ലാതെ വന്നു പിന്നെ എന്താണ് ജപം മാത്രേ ഉപയോഗിച്ചു തരുന്ന വേദത്തിലൊക്കെ ചില അത് എന്താണ് കർമ്മം ചെയ്യുമ്പോൾ ജപിക്കാനുള്ള മന്ത്രങ്ങളാണ് അതല്ലാതിന് വേറെ പ്രയോജനമൊന്നുമില്ല കർമ്മം ചെയ്യുമ്പോൾ ആ മന്ത്രങ്ങൾ ജപിക്കുക അതുപോലെ ഇതും എന്തിനാകും വെറുതെ ജപിക്കാനുള്ളതായിരിക്കും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാന്ന അർത്ഥമില്ലാത്ത മന്ത്രങ്ങളാണ് അങ്ങനെ ജപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് വിചാരത്തിന് വേണ്ടി ഉപയോഗിക്കില്ല ജപിക്കാനുള്ള മന്ത്രങ്ങൾ വിചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രങ്ങളുണ്ട് അതാണ് കർമ്മങ്ങൾ ആളെ കുറിച്ച് വെളിപ്പെടുത്തുന്ന മന്ത്രങ്ങളാണ് സ്വർഗ്ഗകാമോയോ ജയത് അതൊക്കെ ചിന്ത ചെയ്യേണ്ട മന്ത്രങ്ങളാണ് ആര് സ്വർഗം എന്താണ് സ്വർഗം ആർക്കാണ് സ്വർഗ്ഗം എങ്ങനെ കർമ്മം ചെയ്യണം പക്ഷെ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത മന്ത്രങ്ങളാണെങ്കിലോ അത് കേവലം ജപത്തിനു വേണ്ടി അതുപോലെ ആയിപ്പോവും എന്താണ് ഈ പറയുന്ന അർത്ഥങ്ങളൊന്നും അതിലില്ലായെന്ന് വന്നു കഴിഞ്ഞാൽ വിവക്ഷിതമല്ലെങ്കിൽ അതതിന്റെ താല്പര്യമല്ലെങ്കിൽ ഈ ഉപനിഷത്തെല്ലാം കേവലം ജപത്തിനു വേണ്ടിയായി പോകും കർമ്മത്തിൽ അത് മീമാസകർ പൂർവമീമാസകർ അങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു ഔപനിഷതം ആത്മപ്രത്യ പ്രമാണതെ അങ്ങനെയാണെങ്കിൽ തഥാ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഔപനിഷതം ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഉപനിഷമായ ഉപനിഷത്തിൽ വെളിപ്പെടുത്തുന്ന ആത്മജ്ഞാനം പ്രമാണതാമ ചിന്ത അത് പ്രമേയാകത്തില്ല ആത്മജ്ഞാനം പ്രമേയാകത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞു കാരണം അത് ജവിക്കാവുള്ളതാണ് അതിൽ നിന്ന് പ്രത്യേകിച്ച് ഞാനൊന്നും എന്നുവെച്ചാൽ അസൗ അപ്രമാണം അഭ്യസ്ഥോവി അങ്ങനെ വന്നുകഴിഞ്ഞാ തോരുന്നുൾ അപ്രമാണം ആവർത്തിച്ചുകൊണ്ടിരുന്നാലും ജപത്തിലോ സ്വാധ്യായത്തിലർത്തിച്ചുകൊണ്ടിരുന്നാലും വാസവം കർത്തൃത്വഭോക്തൃത്വത്മനോ അപനേതമർഹതി മീമാംസകർ പൂർവമീമാംസകർ പറയുന്ന എന്താണ് ആത്മാവിൽ കർത്തൃത്വം ഭോക്തൃത്വം ഒക്കെ ഉണ്ടെന്നാണ് അത് വാസ്തവണെന്നാണ് അതിനെ ഒന്നും ഈ ഉപനിഷത്തിൽ നിന്നുണ്ടാവുന്ന ജ്ഞാനത്തിന് അതിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല പൂർവകണ്ഡത്തിൽ എന്താ പറയുന്നു ആത്മാവ് കർത്താവാണ് ഭോക്താവാണ് അത് വാസ്തവണെന്നാണ് അപ്പൊ ആ കർത്തൃത്വം ഭോക്തൃത്വത്തെ നീക്കം ചെയ്യണമെങ്കിൽ ഉപനിഷത്തിൽ പറയണോ ആത്മാവ് കർത്താവാണ് ണെന്നുള്ള ആറിവാണ് കർത്തൃത്വം ഭോക്തൃത്വങ്ങളെ ഇല്ലാതാക്കുന്നു പക്ഷെ ഉപനിഷത്തിന് നിന്ന് അങ്ങനെയൊരു പ്രമ ഉണ്ടായില്ല എങ്കിൽ എന്താണ് ആത്മാവ് കർത്താവാണ് അഭോക്താവാണെന്നുള്ള ഒരു പ്രമുണ്ടാവുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഉപനിഷത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് വാസ്തവത്തിൽ ആത്മാവിനുള്ള കർത്തൃത്വം ഭോക്തൃത്വമൊന്നും നശിപ്പിക്കാൻ കഴിയത്തില്ല വാസ്തവത്തിൽ ആത്മാവിൽ കർത്തൃത്വം ഭോക്തൃത്വമൊക്കെ എവിടെ നിന്നു മീമാംസര് പറയുന്നതാണ് വാസ്തവത്തിൽ ആത്മാവിൽ കർത്തൃത്വം ഭോക്തൃ അപ്പൊ അതില്ലാതാകത്തില്ല ആരോപിതം ഹി രൂപം തത്വജ്ഞാനാബോധ്യത ആരോപിതമായ ഒരു വസ്തുവിനെയാണ് തത്വജ്ഞാനം ഇല്ലാതാക്കുന്നത് ഇതാണ് രജ്ജുവിലെ സർവ്വമീമാംസര് പറയുന്ന ആത്മാവിനെ കർത്തൃത്വം ഭക്തത്വം എല്ലാം ആരോപിതമാണെങ്കിൽ തത്വജ്ഞാനം കൊണ്ട് അതെല്ലാം മാറ്റാം പക്ഷെ പൂർവമാംസരോപിതം എന്നല്ല പറയുന്നത് തത്വജ്ഞാനം കൊണ്ട് അതിനെന്ത് ചെയ്യും ആരോപിതം രൂപത്തെ തത്വജ്ഞാനേന അബോധ്യതയെ തത്വജ്ഞാനം കൊണ്ട് അത് വാസ്തവം വാസ്തവമായ രൂപത്തെ അതത്വജ്ഞാനേന മായൊരു മിഥ്യാജ്ഞാനം കൊണ്ടില്ലാതാക്കാൻ കഴിയത്തില്ല അപ്പോ പൂർവമീമാംസകർ പറയുന്ന അനുസരിച്ച് എന്താണ് ആത്മാവ് കർത്തൃത്വവും ഭോക്തൃത്വവും വാസ്തവമാണ് അവർ പറയുന്ന ഈ വൻഷത്തിന്റെ അർത്ഥം എന്താണ് അത് പ്രമേയല്ല അവിടെ പറയുന്ന അകർത്തൃത്വം അഭോക്തൃത്വവും ഒന്നും പ്രമ അല്ല അത് വെറുതെ ജപിക്കാനുള്ളതാണ് അപ്പോ അതിൽ നിന്നങ്ങനെ ഒരു ോധമുണ്ടായാൽ അതൊക്കെ മിഥ്യാജ്ഞാനമായിരിക്കും ആ മിഥ്യാജ്ഞാനം കൊണ്ട് ആത്മാവിന്റെ കർത്തൃത്വം ഭക്തൃത്വവും ഒന്നും ഇല്ലാതാക്കാൻ കഴിയത്തില്ല അതൊക്കെ കുറവ് പക്ഷി പറയുന്ന രജ്ജാരജിത്വ സഹസ്രമബി സർപ്പധാരാ പ്രത്യഹ അപവദം സമുത്സഹന്തയും രജ്ജുവിന്റെ രജിത്വമുണ്ട് ആ രജിത്വത്തെ എത്ര സർപ്പധാരാജ്ഞാനം ഉണ്ടായാലും ഇല്ലാതാക്കാൻ കഴിയത്തില്ല രജ്ജുവിൽ ഉണ്ടാകുന്ന സർപ്പജ്ഞാനത്തെ മരിച്ച രജ്ജു സർപ്പജ്ഞാനം കൊണ്ടില്ലാതാക്കാൻ കഴിയത്തിൽ ആണ് പറയുന്നത് സത്യമാണ് അത് സഹസ്രമി സർപ്പധാരാപ്രത്യഹ എത്ര സർപ്പധാരം ഉണ്ടായാലും അപവദിതം സമുസ്തേ അല്ലാതാക്കുന്നതിന ശേഷിയുള്ളതായി തീരുന്നില്ല സമർത്ഥമായി തീരുന്നില്ല മിഥ്യാജ്ഞാനപ്രസഞ്ചിതം ജരൂപം കൊണ്ട് ആരോപിക്കപ്പെട്ടതായ രൂപത്തെ തത്വജ്ഞാനപതി ശക്യം തത്വജ്ഞാനം കൊണ്ട് നിഷേധിക്കാൻ കഴിയും മിഥ്യാജ്ഞാനം കൊണ്ട് ആരോപിതമായ രൂപമാണ് രജുവിലെ സർപ്പം അതിനെ തത്വം കൊണ്ട് നിഷേധിക്കാൻ പറ്റും അഭ്യാസം ശക്തം മിഥ്യ ഇനി മിഥ്യാജ്ഞാന സംസ്കാരമാണെങ്കിലോ അത് സുദൃഢോപി വളരെ ഉറച്ച സംസ്കാരമാണെങ്കിലും ശരി മിഥ്യാജ്ഞാന സംസ്കാരം എന്ന് വെച്ചാൽ ആത്മാവ് കർത്താവാണ് ഭോക്താവാണ് എന്നൊക്കെയുള്ള ആ ജ്ഞാനം കൊണ്ടുണ്ടാവുന്ന സംസ്കാരം അത് എത്ര ഉറച്ചതായാലും ശരി തത്വജ്ഞാന സംസ്കാരം ആണ് ആത്മാവ് അകർത്താവാണ് അഭോക്താവാണ് എന്നൊക്കെയുള്ള തത്വജ്ഞാനത്തിന്റെ സംസ്കാരം കൊണ്ട് അതെങ്ങനെ ആദര നൈതന്തിര്യ ദീർഘകാല തത്വ്യന്മന തത്വജ്ഞാന സംസ്കാരേണന്ന് അന്വേഷിക്കുന്നു തത്വജ്ഞാന സംസ്കാരം എങ്ങനെയുണ്ടാവും മിഥ്യാജ്ഞാന സംസ്കാരം എന്ന് പറയുന്നത് ദൃഢമാകുന്നെങ്ങനെ ഞാൻ കർത്താവാണ് ഭോക്താവാണ് ഈ സംസ്കാരം ദൃഢമാവുന്നെങ്ങനെയാണ് അനാദിയായിട്ടുള്ള അഭ്യാസം കൊണ്ട് അനാദിയായ അഭ്യാസം കൊണ്ടാണ് മിഥ്യാജ്ഞാന ദൃഢമാകുന്നു ഞാൻ കർത്താവാണ് ഭോക്താവാണ് എന്നൊക്കെ പറയുന്ന ആ സംസ്കാരം ദൃഢമാകുന്നു എത്ര ദൃഢമായാലും ശരി അതിനെ നശിപ്പിക്കാൻ പറ്റും എന്തുകൊണ്ട് തത്വജ്ഞാന സംസ്കാരമാണ് തത്വജ്ഞാന സംസ്കാരം ഈ തത്വജ്ഞാന സംസ്കാരം എങ്ങനെയുണ്ടാകും അത് ആദരം ആദരപൂർവകമായി നടത്തും പിന്നെ ഇത് യോഗസൂത്രമാണ് ആദരപൂർവ്വമായി നൈരന്തര്യം നിരന്തരമായി ദീർഘകാലമായ തത്വ ജന്മനാ സംസ്കാരം തത്വ്യണ്ടാകുന്ന സംസ്കാരത്തെ തത്വജ്ഞാന സംസ്കാരം കൊണ്ട് മിഥ്യാജ്ഞാന സംസ്കാരത്തെ നശിപ്പിക്കാൻ സഖ്യ നശിപ്പിക്കാൻ കഴിയുന്നു ഇപ്പൊ മിഥ്യാജ്ഞാനം സംസ്കാരം എത്ര ദൃഢമാണെങ്കിലും തത്വജ്ഞാന സംസ്കാരം കൊണ്ടാന്ന് നശിപ്പിക്കാൻ കഴിയും എന്നർത്ഥം അത് സിദ്ധാന്തം സാധേത് വീണ്ടും പൂർവോക്ഷി പറയും പ്രാണാതി ഉപാസനാവി വേദാന്തേഷ ബഹുള ഉപലഭ്യന്തെ ഈ തത്വജ്ഞാനം മാത്രമല്ലോ ഉപനിഷത്തുകളിലുള്ളത് അവിടെ പ്രാണോപാസനയുണ്ട് ചന്തോക്കിത്തിനും മറ്റും പ്രാണോപാസനയെക്കുറിച്ചും മറ്റും പറയും അത് തത്വജ്ഞാനം ഉണ്ട് പ്രാണനെ ധ്യാനിക്കാൻ വേണ്ടി പറയുന്നതാണ് പറഞ്ഞ് പറയുന്ന ഭാഗങ്ങളുണ്ട് അതും വേദാന്തേഷ ബഹുളോലബിലെ ധാരാളം കാണുന്നുണ്ട് ഒരിടത്തല്ല പല ഭാഗത്തും പ്രാണോപാസനയും മറ്റും കാണുന്നുണ്ട് ഒന്ന് തത്വജ്ഞാനമുണ്ട് തത്കഥം സർവേഷാം വേദാന്താനം ആത്മീകത്വപ്രതിപാദനമർത്ഥം പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് സർവോപനിഷത്തുകളുടെയും താൽപര്യം പ്രതിപാദനമാണ് ആത്മീകത്വജ്ഞാനമാണ് ഉപനിഷത്ത് നിന്നുണ്ടാകുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും കാരണം തഥാ ചായമർത്ഥ സർവേഷാം വേദാന്താനാണ് ഭാഷത്തിൽ പറഞ്ഞു അങ്ങനെ ചോദ്യം ചെയ്യണം സർവവേദാന്തത്തിന്റെയും താല്പര്യം ആത്മീകത്വപ്രതിപാദനമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും കാരണം ഉപാസനകളെ കുറിച്ചും പറയുന്നുണ്ട് അവിടെ ആത്മീകത്വ പ്രതിപാദന ആത്മീകത്വ പ്രതിപാദനം എന്ന് പറഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയെന്ന് പറയുക അതല്ല എല്ലായിടത്തും പറയുന്നത് ഉപനിഷത്തുകളിൽ എന്ത് പറയുന്നു അത് പറയുന്നുണ്ടെങ്കിലും അത് കൂടാതെ എന്തൊക്കെ പറയുന്നുണ്ട് ഉപാസനകളെ കുറിച്ചും പറയുന്നുണ്ട് അപ്പൊ എല്ലാ വേദാന്തത്തിന്റെയും അർത്ഥം തഥാ അയമർത്ഥ സർവേഷാം വേദാന്താനം തഥാ വയമസ്യാം ശാരീരിക മീമാംസായം പ്രദർശിഷ്യാമെന്ന് ഭാഷ്യകാരം പറഞ്ഞു അപ്പൊ ഈ ആത്മീയത്വമാണ് ഉപനിഷത്തുകളിൽ മുഴുവൻ പറയുന്ന കാര്യം ഞാൻ ഇവിടെ വെളിവാക്കാം എന്ന് ഭാഷ്യകാരം പറഞ്ഞു എങ്ങനെ ശരിയാവും കാരണം ഉപനിഷത്തുകളുടെ മുഴുവൻ അർത്ഥം ഉപനിഷത്തുകളിൽ മുഴുവനും ആത്മീയത്വമല്ല പറയുന്നത് പൂർവക്ഷ പറയാണ് കാരണം പ്രാണദിവാസനാമി പ്രാണാധിപാസനകളും വേദാന്തേഷ ബഹുണോലഭ്യന്റെ വേദാന്തങ്ങളെ വിപക്ഷത്തുകളിൽ ധാരാളം കാണപ്പെടുന്നുണ്ട് തദ്ദേ അതുകൊണ്ട് തസ്മാ കഥ എങ്ങനെയാണ് സർവേഷം വേദാന്തേദാന്തങ്ങളുടെയും അർത്ഥം ആത്മീകത്വപ്രതിപാദനമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത് അയമർത്ഥ സർവേഷം വേദാന്തം തധാവയം അസാം ശാരീരിക മീമാംസായം പ്രദർശിച്ചേഷ്യാമാണ് ഞാൻ വിശദീകരിച്ചു തരാം എന്നാണ് ഉപനിഷത്തുകളുടെ മുഴുവൻ താല്പര്യം എന്താണ് ആത്മീയത്വ പ്രതിപാദനമാണ് ശാരീരകമീമാംസ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ശരീരമേവ ശരീരം ശരീരത്തിൽ നിന്ന് സ്വാർത്ഥത്തിൽ കപ്പ് കൺപ്രവ്യം വരുന്നതാണ് ശരീരകം അപ്പൊ ശരീരം പറഞ്ഞാൽ എന്താ അർത്ഥം ശരീരം എന്നർത്ഥം ശരീരമേവ ശരീരകം ശരീരത്തിന്റെ അർത്ഥം ശരീരം സ്വാർത്ഥത്തിൽ കൽപ്രത്യം വന്നാൽ അവിടെ പ്രകൃതിയുടെ അർത്ഥമായിരിക്കും ശരീരത്തിൽ നിന്ന് കൺപ്രത്യം വന്നാൽ എന്തായിരിക്കും അർത്ഥം ശരീരകം എന്നുവെച്ചാ ശരീരം തത്ര നിവാസി ശരീരകോ ജീവാത്മാ ആ ശരീരത്തിൽ നിവസിക്കുന്നവനാണെന്ത് ശരീരകനായ ജീവാത്മാവ് ഇതാണ് ആസ്തികന്മാരുടെ എല്ലാം പ്രധാനമായ ഒരു നിലപാട് എന്താണ് ശരീരത്തിൽ ശരീരത്തിൽ നിന്ന് വേറിട്ട് ശരീരത്തിന്റെ ഉള്ളിൽ ഒരാള് താമസമുണ്ട് മനുഷ്യനെ തിരിച്ചറിയാനുള്ള അടയാളം എല്ലാത്തിനും ചേർത്താണ് മനുഷ്യർ തോന്നുന്നത് മനുഷ്യനെങ്ങനെയാണ് തിരിച്ചറിയുന്നത് മറ്റ് പ്രാണികളിൽ നിന്നും അതാണ് അതിന്റെ ഭാവം അതിന്റെ കർമ്മം മനുഷ്യന്റെ കർമ്മവും മനുഷ്യന്റെ ഭാവവും ഗുണവേദന ബ്രാഹ്മണാദിപ്യ കർമ്മണിതാണ് പാണിനെ പറയുന്നത് മനുഷ്യൻസ് ഭാവ കർമ്മഭാവം മനുഷ്യൻ മനുഷ്യന്റെ ഭാവം മനുഷ്യന്റെ കർമ്മം ഭാവം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സവിശേഷത അപ്പൊ ഈ ശരീരത്തിൽ നിന്നും വേറിട്ട് എന്തുണ്ട് ആത്മാവുണ്ട് ഇതാരാ പറയുന്നത് ഇത് കണ്ടുപിടിച്ചത് പൂർണിമാംസകരാണ് വൈദികന്മാരാണ് ഏറ്റവും പ്രാചീനമായൊരു ചിന്തയാണ് എല്ലാ മതങ്ങളുടെയും ചിന്തയാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നശിക്കാത്ത ഒന്നുണ്ടായിരിക്കണം അപ്പോ അങ്ങനെ മരിക്കാത്ത ഒന്നും ഉണ്ടാകുന്നു പഴയ കാലത്ത് മനുഷ്യൻ വിശ്വസിച്ചിരുന്നു എന്തുകൊണ്ടാണ് അവർ വിശ്വസിച്ചത് അതായത് മനുഷ്യർക്ക് അവരുടെ പ്രിയപ്പെട്ട ആൾക്കാർ മരിച്ചു എന്നൊക്കെയുമായി നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതാൻ അവർക്കൊരു പ്രയാസം പഴയ പ്രാചീന മനുഷ്യർ െല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് വേണ്ടപ്പെട്ടവര് ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചുപോകുമ്പോ അപ്പോ അവര് നശിക്കുന്നു എന്ന് കരുതുന്നതിനേക്കാളും അവരിഷ്ടപ്പെട്ട എന്താണ് നശിക്ക എന്തോ പക്ഷെ ശരീരം നശിച്ചുപോകുന്നവർക്ക് അംഗീകരിക്കാനും ഇതിരിക്കാനും അപ്പോ ശരീരം നശിച്ചു പോകുന്നവർക്ക് പ്രത്യക്ഷമായി അറിയാവുന്ന കാര്യമാണ് അപ്പൊ വേണ്ടപ്പെട്ടവർക്ക് മരിക്കുന്നു എന്നാലും അത് അംഗീകരിക്കാനൊരു ബുദ്ധിമുട്ട് അപ്പൊ അവരെന്താ വിശ്വസിച്ചു ഇവര് മരിച്ചാലും മരിക്കാത്ത എന്തോന്ന് ശേഷിക്കും എന്ന് അവർ വിചാരിച്ചു അപ്പൊ വീണ്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ശേഷിക്കുന്നു അവരുമായിട്ട് വീണ്ടും ഒരു ബന്ധം നിലനിർത്താൻ മരിച്ചവരുമായി മരിച്ചവരൊന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല അവരൊക്കെ എപ്പോഴും ഉണ്ട് കാരണം അങ്ങനെ ചിന്തിക്കാൻ വേറെ കാരണം കൂടെ ഉണ്ട് ഒരാള് മരിച്ചു കഴിഞ്ഞാലും അവരുമായിട്ടുള്ള അടുത്ത ബന്ധമുള്ളവർക്ക് അവരെ കുറിച്ചുള്ള ഓർമ്മകളൊന്നും മനസ്സിൽ നിന്ന് കളയാൻ പറ്റില്ല അപ്പോ നിരന്തരം അവരെക്കുറിച്ച് അവര് സ്മരിച്ചുകൊണ്ടിരിക്കുക അപ്പോ അവർക്ക് തോന്നും എന്താണ് അവര് മരിച്ചിട്ടില്ല അവര് ഇപ്പോഴുകൊണ്ട് എന്തുകൊണ്ട് അവര് സ്വന്തം മനസ്സിൽ കയറിയിരിക്കുന്നു അങ്ങനെ മനുഷ്യൻ പഴയകാലത്ത് മരിച്ചവരെ പിരിയാൻ മരിച്ചവരെ അവര് മനസ്സിൽ സൂക്ഷിച്ചിട്ടാണ് എന്തുണ്ടായത് ആത്മാവെന്ന് പറയുന്ന ഒരാശയം ഉണ്ടായത് അല്ല ആത്മാവിനെ ഒന്നും പോയി ആരും കണ്ടുപിടിച്ചു പ്രാചീന എന്ന് വെച്ചാൽ ഈ പറയുന്ന എന്ത് പഴയ പ്രാചീനമായ മനുഷ്യന്റെ ചിന്താഗതിയാണ് അന്ന് ഇതുപോലെ തത്വശാസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നത് പക്ഷെ അവരുടെയൊക്കെ മനസ്സിലെന്തായിരുന്നു മരിച്ചവര് ഉണ്ടായിരുന്നു അപ്പൊ അവര് സ്വയം അവര് പിന്നെ ഇവരെന്തെയും ആ മരിച്ചവരോടുള്ള നിരന്തരമായ ചിന്തയും അവരുമായിട്ടുള്ള ബന്ധവും കൊണ്ട് മരിച്ചവർ വീണ്ടും വന്നതായിട്ട് അവർക്ക് തോന്നും അവരടുത്തു വരുന്നതായിട്ട് സംസാരിക്കുന്നതായിട്ടത് അപ്പോ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നും അപ്പോ അവരെ കുഴിച്ചിട്ടടുത്തൊക്കെ എന്ത് അവരുടെ സ്മാരകങ്ങൾ അതൊക്കെയാണ് ഈജിപ്തിലൊക്കെ പിരമിഡുകളൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ മനുഷ്യൻ അവന്റെ പഴയ പ്രാചീന മനുഷ്യൻ പത്തിരണ്ടായിരം വർഷങ്ങൾ മുമ്പൊക്കെ ജീവിച്ചിരുന്ന പ്രാചീന മനുഷ്യർ അവരുടെ ഭാവനയിൽ അവരുടെ സങ്കല്പത്തിൽ ഉണ്ടാക്കിയെടുത്ത എന്താണ് എന്താണ് അതാണ് ഈ ആത്മാവ് പറയുന്ന സാധനം അവരുടെ ഭാവനയിൽ അവര് നെയ്തെടുത്ത ഒരു സാധനമാണ് ആത്മാവ് പിന്നെ അങ്ങനെ ഒരു ഭാവന കണ്ടപ്പോ അവർക്ക് വീണ്ടും അവരോട് ബന്ധപ്പെടണമെന്നും മരിച്ചുപോയവര് നഷ്ടപ്പെട്ട് നഷ്ടം അംഗീകരിക്കാൻ അവരോട് വീണ്ടും ബന്ധപ്പെടണമെന്നുള്ള ആഗ്രഹമൊക്കെ വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു അവിടെയാണ് ആര് കടന്നു വന്നത് പുരോഹിതന്മാർ വന്നിട്ടു എന്നാ പിന്നെ നിങ്ങളെ കാര്യം സാധിച്ചേര് മനസ്സിലായി ആദ്യം അവന്റെ ഈ പാട് മനസ്സിൽ തോന്നിയാണ് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ അപ്പൊ പുരോഹിതം പറഞ്ഞ് ഉറപ്പിച്ച് എന്നാ മരിച്ചിച്ച് മരിച്ചാലും മരിക്കാത്തോന്നുണ്ട് അതാണെന്ത് ആത്മാവ് അപ്പൊ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെടാൻ ഇടനിലക്കാരനായിട്ട് ആര് വന്നു പുരോഹിതം നിങ്ങൾ എനിക്ക് കാഴ്ച എന്ന് കഴിഞ്ഞാൽ എനിക്ക് ചില വിദ്യകളറിയാം നിങ്ങളെ അവരെയും കൂടെ ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടിട്ട് പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അവരവിടെ കാണും നിങ്ങളെ അവിടെ എത്തിക്കാം ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്ത് എന്തു ചെയ്തു അങ്ങനെയാണ് സ്വർഗ്ഗം സ്വർഗത്തിലെ മോക്ഷം തുടങ്ങിയ സങ്കല്പങ്ങളെല്ലാം പിന്നെ പുരോഹിതന്മാരാണ് എന്ത് ചെയ്തത് ഇതിന് പ്രമാണങ്ങൾ ഉണ്ടാക്കി നമ്മുടെ സംസ്കൃത സാഹിത്യം എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനവും ഇങ്ങനെ പുരോഹിതന്മാർ അവരുടെ സ്വാർത്ഥത്തിന് വേണ്ടി എഴുതിയതും ബാക്കി വരുന്ന അജ്ഞരായ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി എഴുതിയതുമാണ് തൊണ്ണൂറ് ശതമാനം അതിനുവേണ്ടി അവര് ഭാവനാലോകത്തിൽ എന്തിനെ സൃഷ്ടിച്ചു പരലോകത്തെ സൃഷ്ടിച്ചു ആത്മാവിനെ സൃഷ്ടിച്ചു പോക്കുവരവ് സൃഷ്ടിച്ചു പിന്നെ അവരെ സന്തോഷം പിതൃക്കൾ അവർക്ക് വേണ്ടിട്ട് എന്ത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബലിയെടുക്കുക അത് ചെയ്യിക്കുന്നവര് ഇവരായി അതിന്റെ വരുമാനം വരുമാനം വരുമാനം പലതരത്തിലും ഉണ്ടായി ഒരാ വർഷം അവര് പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങി അവര് അവരത് സാഹിത്യങ്ങളുണ്ടാക്കി ശാസ്ത്രങ്ങൾ എഴുതി ഉണ്ടാക്കി ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെളിവുമില്ല തെളിവുകളൊന്നുമില്ല പക്ഷെ ഇവരെന്തു ചെയ്തു ഭാവനയില്ലതെല്ലാം ഉണ്ടാക്കി വെച്ച് കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യർ എന്തു ചെയ്ത് വളരെയധികം മനുഷ്യരെ മണ്ടന്മാരാക്കിയതാണ് എന്ത് ഈ ശാസ്ത്രങ്ങള് വലിയൊരളവ് വരെ അതാണ് അപ്പോ മണ്ടന്മാരെല്ലാം എന്ത് ചെയ്തു എവരെ വിശ്വസിച്ചു എവരെന്തു ചെയ്തു മണ്ടന്മാരെ ചൂഷണം ചെയ്തു പറ്റിച്ചു അതാണ് ഇതിന്റെ ഹിസ്റ്ററി ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെ മനസിലായ വലിയൊരു ചരിത്രം അങ്ങനെയാണ് അതിനപ്പുറം എന്താ അങ്ങനെ പറയുന്നു ഇതിന് വേറെ തെളിവൊന്നുമില്ല കുറച്ചുപേരവരെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരും ദുർബലമായ മനസ്സുള്ളവരും ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉള്ളവരും ഇതിന്റെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വയം കണ്ടെത്താൻ കഴിയാത്തവരും ഒക്കെയാണ് ഭൂരിപക്ഷം അവരാണ് അന്ധവിശ്വാസികളെന്ന് പറയുന്നത് ഈ അന്ധവിശ്വാസികള് ശരിയായ രീതിയിൽ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ശാസ്ത്രങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ച് ഇവരെ കൊണ്ട് ഈ കർമ്മകാണ്ഡം മുഴുവൻ ഉണ്ടാക്കി വെച്ച് ആ കർമ്മകാണ്ഡത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ടാണ് അവരെന്തു പറഞ്ഞത് ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഒരാത്മാവ് ഇരുപ്പുണ്ട് എന്ന് പറയും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് തത്ര നിവാസി ശരീര ശാരീരികോ ശരീരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ശരീരം അവിടെ നിവസിക്കുന്നവനാണ് ശാരീരകൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ശരി ശരീരം ശാരീരകൻ എന്നു പറഞ്ഞാൽ ജീവാത്മാവ് തസ്യ തൊമ്പത വിധേയാണ് തത്വമസീല തൊമ്പതം പറയുന്നത് എന്താണ് ആ ശാരീരകനെയാണ് ആ തൊമ്പതാ വിധേഷ്യ തത്പഥ അഭിധേയ പരമാത്മരൂപത മീമാംസ തത്പത വിധേയ അല്ല തത്വമസില തത്പദത്തിന്റെ അഭിധേയം അർത്ഥം എന്താണ് പരമാത്മാവാണ് അപ്പോ തൊമ്പത അഭിധേശ്യ തൊമ്പതത്തിന്റെ അർത്ഥത്തിന് തത്പഥ അഭിധേയ പരമാത്മരൂപത അത് പരമാത്മാവാണ് മീമാംസ അങ്ങനെയുള്ള വിചാരം മീമാംസ എന്ന് വെച്ച വിചാരം അതാണ് എന്ത് ശാരീരിക മീമാംസ അപ്പൊ ശാരീരിക മീമാംസയുടെ അർത്ഥം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് തൊത്പദം കൊണ്ട് പറയുന്ന ജീവാത്മാവ് തത്പദം കൊണ്ട് പറയുന്ന പരമാത്മാവാണ് എന്നുള്ള വിചാരം തൊത്പദം കൊണ്ട് പറയുന്ന ജീവാത്മാവ് തത്വമസ് തത്പദം കൊണ്ട് പറയുന്ന പരമാത്മാവാണെന്നുള്ള വിചാരം അതാണ് എന്ത് ശാരീരക മീമാംസാനത്ര അർത്ഥ സംക്ഷേപ ഇനി പറയുന്നു ഇതുവരെ പറഞ്ഞ് അർത്ഥത്തെ എങ്ങനെ സംക്ഷേപിക്കാം സ്വാധ്യധ്യയധ്യേരാശേ ഫലവർ അവബോധപരം ആധിഷേന സ്വാധ്യചയാബോധപരം ആപാദയത കർമ്മവിധനിഷേധാമില്ല സ്വാധ്യവ്യ <coughs> <coughs> സ്വാധ്യായം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ശുശ്രുശാഖർ ഓരോ ശാഖകളുണ്ട് വേദശാഖകൾ അധ്യയനം ചെയ്യണം ആ വേദശാഖകളാണ് എന്തുപറയുന്നത് സ്വാധ്യായം അത് അധ്യയനം ചെയ്യണം നിരന്തരം അധ്യയനം ചെയ്യുന്നൊണ്ടാണ് അതിന് സ്വാധ്യായം എന്ന് പേര് വന്നത് എന്ന് വേദവിധിയുണ്ട് അതിനെ കുറിച്ച് പൂർവമീമാംസ ചിന്തിച്ച് എന്താണ് ഈ പറയുന്നതിന്റെ താത്ര്യം അതാണ് സ്വാധ്യായ അധ്യയന വിധി എന്ന് പറയുന്നു സ്വാധ്യായോ അധ്യയന വിധിയെ കുറിച്ച് പൂർണമീമാംസകൾ ചിന്തിച്ചിട്ട് അവരെന്താ പറഞ്ഞത് സ്വാധ്യായ പദവാച്യേദരാശേ സ്വാധ്യായോ എന്ന് പറയുന്ന ആ ശബ്ദം കൊണ്ട് പറയുന്ന വേദരാശി സമ്പൂർണ വേദവും കാരണം ഓരോരോ ശാഖകളായിട്ട് സമ്പൂർണ്ണ വേദവും ആവും അവരെന്താ പറയുന്നത് ഈ സ്വാധ്യായോ അധ്യേതവ്യോ ശുശാഖ അധ്യയനം ചെയ്യണമെന്ന് പറഞ്ഞാൽ അധ്യയനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചൊല്ലുകയാണ് ഈ ചൊല്ലിയാൽ എന്താ ഉണ്ടാകുന്നത് കേവലം ശബ്ദഗ്രഹണമല്ല അഗ്നിമീളെ പുരോഹിതം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ശബ്ദത്തെ ഗ്രഹിക്കാൻ പറ്റും അതല്ല സ്വാധ്യായം കൊണ്ട് സാധിക്കേണ്ട അതല്ല ഏതാ അധ്യയനം കൊണ്ട് പിന്നെന്താണ് അർത്ഥജ്ഞാനം കൂടെ ഉണ്ടാവും അർത്ഥസഹിതമായി ശബ്ദത്തെ ഗ്രഹിക്കണം എന്നാണ് ആ വിധി പറയുന്നത് അല്ല വെറുതെ അധ്യയനം ചെയ്ത് അത് കണ്ടസ്ഥമാക്കിയാൽ പോലെ അതിന്റെ അർത്ഥജ്ഞാനം കൂടെ ഉണ്ടാവണം അതാണ് ഫലവർത്ഥ അവബോധപരതാം ഫലവതായ അർത്ഥം ഫലവത്തായ അർത്ഥബോധ അർത്ഥബോധം ആണ് അതിന്റെ താല്പര്യം അർത്ഥബോധ പലതാന്ന് വെച്ച അർത്ഥബോധ താല്പര്യം ആണ് അതിന്റെ താല്പര്യം ചർച്ച ചെയ്യുന്നതാണ് ഇപ്പൊ വെറുതെ വേദം അധ്യയനം ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ശബ്ദങ്ങളെല്ലാം കണ്ടസ്സം ചെയ്യുകയല്ല അത് ചൊല്ലുക അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിന്റെ അർത്ഥം മനസ്സിലാക്കുക പിന്നെ കർമാനുഷ്ഠാനം ചെയ്യുക അനുഷ്ഠാനത്തിലൂടെ അതിന്റെ ഫലങ്ങളെ നേടുക ഇത്രയുണ്ട് അതിനകത്ത് അതാണ് ഫലവത് അർത്ഥ അവബോധപരതാം അപാധേതർമ്മ വിധി നിഷേധാന അപ്പൊ ഇതുണ്ടാക്കിയെടുക്കുന്ന എന്ത് കർമ്മവിധികളും നിഷേധങ്ങളും അതാണ് വേദത്തിലുള്ളത് അപ്പൊ സ്വദ്യ അധ്യേതവ്യാന്ന് പറയുന്നത് ഈ കർമ്മവിധി നിഷേധങ്ങളെല്ലാം എന്താണോ ഫലവത്തായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു അതാണ് എന്റെ താല്പര്യം എന്ന് വെളിപ്പെടുത്തുകയാണ് എന്ന് ആപാദനം ചെയ്യുകയാണ് എന്ന് ഈ സ്വാധ്യായ വിധി വെളിപ്പെടുത്തുകയാണ് സ്വാധ്യായ ശബ്ദവാചിയാന സ്വാധ്യായം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വാച്യമായി വരുന്നു ഈ വേദരാശി അതിന് രണ്ടുതര കർമ്മവിധികളും നിഷേധവിധികളും ഫലവതർത്ഥ അവബോധപരത്വം ആപാതയത കർമ്മവിധി നിഷേധാനം ഇവ എങ്ങനെയാണോ കർമ്മവിധി നിഷേധങ്ങളെന്ന് പറയുന്നു ഫലവത്തായ അർത്ഥത്തിന്റെ ബോധം ണോ ആ ബോധത്തെ ഉണ്ടാകിത്തരുന്നതാണ് സ്വാധ്യായോ അധ്യേതവ്യന്ന് പറയുന്ന വിധി ഇത് കർമ്മകാന്ഡത്തെ സംബന്ധിച്ച് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വേദാന്താനോ ഉപനിഷത്തുകളും അങ്ങനെ തന്നെയാണ് എന്താണ് സ്വാധ്യായം എന്ന് പറഞ്ഞാൽ കേവലം ഉപനിഷത്തുകൾ ചൊല്ലി ആ അക്ഷരങ്ങളെ കണ്ട സ്ഥം ചെയ്യുകയില്ല അത് വിചാരം ചെയ്ത് അതിന്റെ അർത്ഥത്തെ ഗ്രഹിച്ച് അതുകൊണ്ട് ഫലം മുക്തി എന്ന് പറയുന്ന ഫലത്തെ നേടണം അതിനുവേണ്ടിയിട്ടാണ് സ്വാധ്യായോ അധ്യേതവ്യ എന്ന് പറയുന്നിടത്ത് ഉപനിഷത്തുകളെ അങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത് സ്വാദ്ധ്യായോ അധ്യേതവ്യ എന്ന് പറയുന്നിടത്ത് കർമ്മകാന്ഡത്തെ എങ്ങനെയാണോ ഗ്രഹിക്കുന്നത് വിധി നിഷേധങ്ങൾ എങ്ങനെയാണോ ഒരുതരെ ഫലവത്തായ ബോധം ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ ഉപനിഷത്തും എന്തെയ്യുന്നു ഫലവത്തായ ർത്ഥത്തെക്കുറിച്ചുള്ള ബോധത്തെ ഉണ്ടായിക്കൊടുക്കുന്നു എന്താണ് സ്വാധ്യായോ അധ്യേതവ്യ എന്ന് പറയുന്ന ആ വിധി അതായത് സ്വാധ്യായോ അധ്യേതവ്യ എന്ന് പറയുന്ന വിധിയെ കുറിച്ച് പൂർവമാസ വിചാരം ചെയ്തിട്ട് അവരെന്താ പറഞ്ഞത് ഈ വിധിയുടെ താല്പര്യം വേദത്തിലെ എന്താണ് വിധി നിഷേധങ്ങളെല്ലാം അധ്യയനം ചെയ്ത് അർത്ഥത്തെ ഗ്രഹിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഫലം നേടണമെന്നാണ് അത് പൂർവകണ്ഡത്തിന് മീമാംസയോട് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഉത്തരകാണ്ഡത്തിനും എന്നാണ് പറയുന്നത് അതിനുവേണ്ടി ഉത്തരകാണ്ഡം അതായത് ഉപനിഷത് അതിന്റെ വിചാരം ചെയ്യണം എന്തിന് ബ്രഹ്മസൂത്രം വിചാരം ചെയ്യണം എന്നുള്ളതിന് പറഞ്ഞു വരികയാണ് അധാതോ ധർമ്മ ജിജ്ഞാസന്ന് പറയുന്ന പൂർവകാന്ഡം വിചാരം ചെയ്ത നിഷേധങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കർമ്മം ചെയ്ത് ഫലം അങ്ങനെയാണെങ്കിൽ ഉപനിഷത്ത് വിചാരം ചെയ്യുന്ന എന്തിന് ഈ പറയുന്ന തത്വമസീദ് വാക്യങ്ങളുടെ അർത്ഥജ്ഞാനത്തെ നേടി മോക്ഷത്തെ നേടുന്നതിനേദാന്താനും ഈ സ്വാധ്യായ ശബ്ദവാച്ഛാനം ഇപ്പൊ സ്വാധ്യായം എന്ന് പറയുന്നത് കൊണ്ട് എങ്ങനെയാണോ ഇത് നിഷേധങ്ങളെടുക്കുന്നത് അതുപോലെ ഉപനിഷത്തിനെയും എടുക്കണം ഫലവതർത്ഥ അവബോധപരത്വത്തായ അർത്ഥബോധതിന്റെ താൽപര്യം എന്നുള്ള ആപാതിയോ അധൈത എന്ന് പറയുന്ന വിധിയിലൂടെ അത് ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞ ചുരുക്കം എന്താണ് സ്വാധ്യായോ അധ്യേതവ്യ എന്ന് പറയുന്ന വേദവിധി അത് എങ്ങനെയാണോ വിധി നിഷേധങ്ങളെ സംബന്ധിച്ച് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ അതെവിടെ പ്രവർത്തിക്കും ഉപനിഷത്തിനും പ്രവർത്തിക്കും അപ്പം വിധി നിഷേധങ്ങളെ കുറിച്ചുള്ള ആ വാക്യങ്ങളെ അതിനെ അധ്യയനം ചെയ്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ ഫലത്തെ നേടുന്നതുപോലെ ഉപനിഷത്ത് വാക്യങ്ങളെയും അധ്യയനം ചെയ്ത് അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കി അതിന്റെ ഫലത്തെയും നേടണം അതിനു വേദത്തിൽ തന്നെ എന്ന് പറഞ്ഞത് സ്വാധ്യായോ അപ്പൊ വേദാധ്യയനം ചെയ്യുന്നതിന് അധികാരിയായിട്ടുള്ളവൻ എല്ലാവർക്കും ഇല്ലേ മീമാംസകർ പറയുന്നത് എന്താണ് വേദാധ്യനം ചെയ്യുന്നതിന് അധികാരമുള്ളവൻ അവനവന് വിധിച്ചിട്ടുള്ള ശാഖകൾ അത് അധ്യയനം ചെയ്തു പൂർവകാന്ഡാണ് അധ്യയനം ചെയ്യണമെങ്കിൽ അതുകൊണ്ട് എന്തു കർമ്മവിധി നിഷേധങ്ങളെല്ലാം മനസിലാക്കി അതാതിന്റെ ഫലത്തെ പ്രാപിക്കണം ഉത്തരകാന്ഡ വൻഷത്താണ് അധ്യയനം ചെയ്യുന്നതെങ്കിലോ അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ ഫലത്തെ പ്രാപിക്കണം എന്നാണ് പറയുന്നത്